ആത്മശ്രാദ്ധം അന്തരാത്മാവ് പരമാത്മാവിനെ സങ്കല്പിച്ച് ചെയ്യുന്നതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു അന്തരാത്മനെ പരമാത്മനെ എന്ന് ദയവായി ഒന്നുകൂടി വിശദീകരിക്കുന്നു മന്ദരാത്മനെ പരമാത്മനെ ഇതുകൂടെ ഇരുന്നോട്ടെ മാറ്റുന്നില്ല ചിലപ്പോൾ ആൾക്കാർ ഇതിന് കവറിടാറുണ്ടല്ലോ അപ്പൊ പിന്നെ ഇവിടെ കവറിട്ടാറുണ്ടീ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇനി തുടങ്ങാൻ പാടില്ലെന്ന പക്ഷേ ഇത് ആൾക്കാർ ഇതിവിടെ വയ്ക്കും അഴിച്ചു പോക്കറ്റ് ഇടും പിന്നെ എടുത്ത് വയ്ക്കും അതൊന്നും അതിന്റെ ശരിയായ ഉപയോഗമല്ല രീതിയല്ല ഇത് തൊടുന്നുണ്ടെങ്കിൽ ബാക്ക്രിയ തൊടാവ അല്ലെങ്കിൽ ഇവിടെ തൊടാവൂ ഇവിടെ ഇതൊന്നും അധികം പേര് ഉപയോഗിക്കുന്ന ഒന്നും കാണുന്നില്ല ഇവിടെ ആവശ്യമില്ലേ ഏ എങ്ങനെ ആ ഇത് പുറത്തിറങ്ങണ്ട അകത്ത് വരുന്ന സാധനമാണ് അതറിയത്തില്ല അതറിയത്തില്ല ഇത് നമ്മൾ പുറത്തിറങ്ങും ആരെങ്കിലും പുറത്തുനിന്ന് അകത്ത് വന്നാ മതി അത് ആള് വരണ്ട ഒരു വസ്തു പുറത്തുനിന്ന് അകത്ത് വന്നാൽ മതി ഇതകത്ത് കൊണ്ടുവരും അത് അങ്ങനെ നമ്മൾ വിചാരിക്കരുത് നമ്മളിവിടെ കിണക്കുന്ന പട്ടികളുണ്ടല്ലോ അത് ഓടി പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ അത് കൊണ്ടുവരും അപ്പം അങ്ങനെ വിചാരിക്കരുത് നാട്ടുകാർക്കെല്ലാം ഉള്ളതാണ് നമുക്കുള്ളതല്ല നമ്മൾ സേഫ് ആണ് അങ്ങനെ വിചാരിക്കരുത് ഈ സാധനത്തിന് ആരോട് യാതൊരു ദയവുമില്ല ആരോ കിട്ടിയാലും പിടിക്കും ഞങ്ങളെപ്പോലെയുള്ള വയസ്സന്മാരുടെ കാര്യമാണെങ്കിൽ പോക്കാണ് യാതൊരു പ്രതീക്ഷയും വേണ്ട ചെറുപ്പക്കാർക്കും ഗ്യാരണ്ടിയൊന്നുമില്ല ഒരുപാട് ചെറുപ്പക്കാരും പോയി മൂന്ന് ലക്ഷം ഇത് നിങ്ങൾ വന്നു അറിയുന്നുണ്ടോ മൂന്ന് ലക്ഷം കിടന്നിരിക്കുകയാണ് മരണത്തെ ഭയക്കേണ്ട കാര്യം ഇല്ല മരണഭയം വേണ്ട പക്ഷേ ഇത് നമ്മൾ ആരും കൊല്ലാനും പാടില്ല മരണഭയമില്ലെന്ന് വിചാരിച്ചു നമുക്ക് കൊല്ലാൻ പറ്റും നമ്മളിൽ ഒരാളെ പിടികൂടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്ര പേരെയാണ് കൊല്ലുന്നതെന്നുള്ളതിൻ്റെ കണക്ക് ഇതുവരാരും എടുത്തിട്ടില്ല അതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് നാട്ടുകാർക്കൊക്കെ ഇത് പിടിക്കും നമുക്ക് പിടിക്കില്ല എന്ന ആർക്കെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ അത് അബദ്ധമാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഡബ്ല്യു എച്ച്ഒ പിന്നെ കേന്ദ്രം സംസ്ഥാന സർക്കാർ എല്ലാം പറയുന്ന ഗൈഡ് ലൈൻസ് നമ്മളനുസരിക്കുന്നതാണ് നല്ലത് അതനുസരിച്ചാണെങ്കിൽ നമ്മളൊരു സമൂഹമായിട്ടിരിക്കുമ്പം അവിടെ മാറടി അകലത്തിയിരിക്കണം എല്ലാവരും മാസ്ക് ധരിക്കണം ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് സൂക്ഷിച്ചാൽ കൊള്ളാം അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല പക്ഷെ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ നമ്മൾ ധരിച്ചിരിക്കുന്നതിനും കൂടുതലാണ് അതിൻ്റെ ഭീകരത വളരെ ഭീകരമാണ് നമ്മൾ പത്രം വായിക്കാത്തതുകൊണ്ട് ന്യൂസ് കാണാത്തോണ്ടും എന്താ പിന്നെ ഇതൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇന്ത്യയിൽ ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചതും മരിച്ചതും കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിലും അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ കണക്കാക്കിയിരിക്കുന്നത് ഒരു ഒന്നര ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് ഏഴ് ലക്ഷം പേരാവുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തിനടുത്തീകരിക്കും ഈ ഏഴ് ലക്ഷം പേരിൽ സൂക്ഷിക്കണ്ടേ നമ്മള് ഈഴ് ലക്ഷം പേർക്കാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ സൂക്ഷിച്ചാൽ കൊള്ളാം അപ്പൊ ഈ ചോദ്യം അതായത് ശ്രാദ്ധവിധിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ദൈവശ്രാദ്ധം ദിവ്യ ശ്രാദ്ധം മനുഷ്യശ്രാദ്ധം ഋഷി ശ്രാദ്ധം ഭൂതശ്രാദ്ധം എത്രയായി കേൾക്കുന്നില്ലേ ഇവ മറ്റേ കൊറോണയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം എപ്പോഴാണ് വരുന്നത് ഏ എട്ടെണ്ണം പറഞ്ഞ് ദേവശ്രാദ്ധം ദിവ്യശ്രാദ്ദ്ധ മനുഷ്യശ്രാദ്ധ ഋഷിശ്രാദ്ധ ഭൂതശ്രാദ്ധ മാതൃശ്രാദ്ധ പിതൃശ്രാദ്ധം ആത്മശ്രാദ്ധം അപ്പൊ എട്ട് നേരത്തെ ഞങ്ങൾ എണ്ണിവെച്ചിരിക്കൽ മാതൃശ്രാദ്ധത്തിന്റെ വിധിയിൽ പറയുന്നത് ആത്മനെ ബാക്കിയാണ് ഇവിടെ അന്തരാത്മനെ പരമാത്മനെ വങ്കല്പിച്ചുകൊണ്ടാണ് ആശ്രാദ്ധനം ചെയ്യുന്നത് യത് കരോഷി യശ്നാസി യുഹോഷി ഏതൊരു ഹവിസും ആർക്കർപ്പിക്കാം പരമാത്മാവി അപ്പോ ശരിക്കും ആത്മശ്രാദ്ധം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ദേവതകൾക്കും ഈ ശ്രാദ്ധങ്ങളെ അർപ്പിച്ചതിനു ശേഷം പരമാത്മാവിനെ അർപ്പിക്കുന്നതാണ് അപ്പോൾ ആത്മശ്രാദ്ധം എന്ന് പറയുന്നത് തനിക്ക് പിണ്ടം വയ്ക്കുന്നു എന്നൊരു അർത്ഥം നമ്മൾ സാറിന് എടുക്കും തെറ്റല്ല പക്ഷേ അതതിൻ്റെ ഒരു ഗൗണാർത്ഥമാണ് അതുകൊണ്ട് വ്യക്തമായും പറയുന്നത് എന്താണ് അന്തരാത്മനെ പരമാത്മനെ കാരണം ആത്യന്തികമായി ഏതൊരു ഹവിസ് അർപ്പിക്കുന്നത് എവിടെയാ ചെന്ന് ചേരുന്നത് സർവദൈവ നമസ്കാരം യേശവും പ്രതികച്ചതി എന്നാണ് ഈ പറയുന്ന എല്ലാ ശ്രാദ്ധങ്ങളിലും അന്ത്യവുമായി വരുന്ന ആ ശ്രാദ്ധം വാസ്തവത്തിലത് ആത്മാ എന്ന് പറഞ്ഞാൽ അന്തരാത്മാവെന്നുള്ള അർത്ഥത്തിലാണ് അത് പരമാത്മാവിന് ഉണർത്തും ർപ്പിക്കുന്നു അതുകൊണ്ട് സന്യാസിമാര് അത് ചെയ്യുമ്പോ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ഞാനൊരല്പം ഇമോഷണലായിപ്പോയി അല്ല കുഴപ്പമുണ്ടോ ഒരല്പം ഇമോഷണൽ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ ശരിയായ രീതി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇമോഷണലാവുന്ന പ്രശ്നമൊന്നുമില്ല എന്റെ അമ്മച്ചയ്ക്ക് ശ്രാദ്ധം ചെയ്യുന്നു എന്റെ അപ്പച്ചന് ശ്രാദ്ധം ചെയ്യുന്നു അവസാനം എനിക്ക് ശ്രാദ്ധം ചെയ്യുന്നു ഞാൻ ചത്തുപോയി ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് മൂക്ക് വിഴിഞ്ഞു നിലവിളിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പ്രത്യേകം പറയുന്നുള്ളൂ സന്യാസ ദീക്ഷയിൽ ഒരിടത്തും മനശാഞ്ചല്യം വരാൻ പാടില്ല എന്തെങ്കിലും ഒരു മനശാഞ്ചല്യം വന്ന് അവന് ക്ലാസ് ഔട്ട് നീ അടുത്തവണ വരാൻ അങ്ങനെ ഔട്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തന്നീതിന് പറ്റിയ ആളല്ല അടുത്തവണ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തു അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായി അത് പരമാത്മാവിന് തന്നെയാണ് വർപ്പിക്കുന്നത് അതാണ് അവസാനം ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ശ്രാദ്ധം കൊണ്ട് ചെയ്യിക്കുന്നു അതുകഴിഞ്ഞ് വരുന്ന അഗ്നി എന്ന് പറയുന്നത് വിരജാഹോമമാണ് വിരജാഹോമം തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും തീരുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും അവസാനം ഒഴികെ ഏറ്റവും നാമകരണവും കഴിഞ്ഞ് അവസാനത്തെ ചടങ്ങ് എന്ന് പറയുന്ന ദണ്ഡത്യാഗമാണ് ആ ദണ്ഡത്യാഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ ഗൃഹസ്ഥന്മാർക്കും ബ്രഹ്മചാരികൾക്കും പ്രവേശനമുള്ളൂ അതുവരെ സന്യാസിമാരെ പാടുള്ളൂ അതും പരമഹംസ സന്യാസിമാർക്കെ പാടുള്ളൂ അപ്പൊ പരമഹംസ സന്യാ ഈ പരമഹംസ സന്യാസി മാനത്ത് നോക്കിയാണ് ഈ പരമഹംസ ഈ തന്നെയാണ് പരമഹംസ സന്യാസിമാർ ഇവർക്ക് മാത്രമേ പാടുള്ളൂ അവിടെ പ്രവേശനമുള്ളൂ അപ്പോ വിരജാ ഹോമം ഗുരു ചെയ്യുന്നു ദീക്ഷ കൊടുക്കുന്ന ഗുരു വിരജാ ഹോമം ചെയ്യുന്നു ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അത് കഴിഞ്ഞടുത്താണ് ഇനി പറയാനുള്ളത് അതിന് അവിടെ വടക്കേന്ത്യയിലൊക്കെ പറയുന്ന ഗംഗാ തീരക്രിയ എന്നാണ് കാരണം പൊതുവെ ഗംഗയുടെ തീരത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വിരജാ ഹോമം കഴിഞ്ഞു ഗുരുവിശിഷ്യന്മാരും കൂടെ ഗംഗാ തീരത്തേക്ക് പോകുന്നു എപ്പോ എപ്പോഴാ പോകുന്നു ആ ബ്രാഹ്മുഹൂർത്തം മരണോദയത്തിന് മുമ്പായിരിക്കുന്നു കാരണം ഇനി അടുത്ത് ഉള്ള ക്രിയകൾ ഇരുട്ടത്താ ചെയ്യേണ്ടത് വിളക്ക് കൊടുത്തി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ മനസ്സിലാവും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ കുറച്ച് വെളുത്താനും കുഴപ്പമില്ല അവസാനത്തെ ചടങ്ങുകളൊക്കെ നേരം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഗംഗാതീരത്ത് പോകുന്നു അവിടെ ഓം വിഷ്ണു ഓം വിഷ്ണുഹു ഓം വിഷ്ണുഹു എന്ന് മൂന്ന് തവണ ആചമനം ചെയ്ത് ഗംഗാചരണം അവിടെ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന ആള് ധ്യാനിക്കുന്നു ധ്യാനം പ്രാർത്ഥന അല്ല അതില് പ്രധാനമായ ഞാനിത് വയ്ക്കുന്നുകൊണ്ട് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പഴയ ശബ്ദം തന്നെയല്ലേ പ്രധാനമായ ധ്യാനം എന്ന് പറയുന്നത് തൻ്റെ ശരീരം മൃതമാണ് ശവമാണ് എന്ന് ധ്യാനിക്കുന്നു ഈ സ്ഥൂല ശരീരത്തെ ശവമായി അതിൻ്റെ ആവശ്യമുണ്ട് എന്തിനത് വെറുതെ അല്ല അങ്ങനെ ശവമായി ധ്യാനിച്ച് അപ്പോ ഈ പറയുന്ന പോലെ കരഞ്ഞും മൂക്ക് വിഴിഞ്ഞെന്നാണെങ്കിൽ ഇതൊന്നും കാര്യങ്ങൾ നേരെ ജോലിയാകത്തില്ല മനശാഞ്ചല്യമില്ലാതെ ഇങ്ങനെ ഒരു വിരജാ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ദൃഢചിത്തനായി ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിന് അയാളുടെ മനസ്സിനപ്പോൾ ഒരു ഭാവമൊക്കെ ഉണ്ടാവും ഈ ശരീര ജഡം തന്നെ എന്ന് തന്നെ തോന്നും അത് കഴിഞ്ഞിട്ട് കർമ്മസാക്ഷികളായ ദേവന്മാർ ആരാണ് ആദിത്യ ചന്ദ്രവാദികൾ അവരാണ് കർമ്മസാക്ഷികൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ഇതാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കർമ്മസാക്ഷികളായ ദേവന്മാർ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇടപാടുകളും അറിയുന്നുണ്ട് അവരെല്ലാം ധ്യാനിച്ച് ഗുരുക്കന്മാർ ദേവന്മാർ സിദ്ധന്മാർ ആരെയൊക്കെ ധ്യാനിക്കാൻ അവരെല്ലാം ധ്യാനിച്ചിട്ട് സന്യാസത്തിൻ്റെ സങ്കല്പം എന്തിനു വേണ്ടിയിട്ടാണ് സന്യാസം ശരിയാ അതുകൂടി തെളിച്ചു പറഞ്ഞു മോക്ഷത്തിന് വേണ്ടിയാണ് ഈ ദശനാമ സമ്പ്രദായം അനുസരിച്ച് സന്യാസം എന്ന് പറയുന്നത് അതിന് സങ്കല്പടുക്കുന്നെങ്ങനെയാണ് എന്തിനു വേണ്ടി മറ്റു കർമ്മത്തേക്ക് സന്യാസമാണ് വിഷ്ണുരൂപാണാം വിഷ്ണുരൂപേഭ്യോ വിരുദ്ധ്യ ബ്രഹ്മ ർത്ഥം സന്യാസം അഹം കരോമി അതാണ് ആ സങ്കല്പം അങ്ങനെ സങ്കൽപ്പിക്കുന്നു വിഷ്ണുരൂപനായിരിക്കുന്ന ഗുരുവിൽ നിന്നും ബ്രഹ്മജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ഞാൻ സന്യസിക്കുന്നു അങ്ങനെ സങ്കൽപ്പിക്കുന്നു അപ്പൊ അത് എന്തിന് സന്യസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ रही रही रह रही। ला ला ീ സമ്പ്രദായം അനുസരിച്ചാണ് അത് പറയുന്നത് വേറെ ഏതെങ്കിലും സമ്പ്രദായത്തിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നിങ്ങളെല്ലാവരും പേരുണ്ടെങ്കിലും ഇപ്പം ദശനാമ എന്താണോ സമ്പ്രദായത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ സന്യാസം ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് സന്യസിക്കുന്നത് അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് എവിടെ വിവരണത്തിൽ വിവരണാചാര്യൻ പറയുന്നത് എങ്ങനെയാണോ കർമ്മം ചിത്തശുദ്ധിദ്വാര ജ്ഞാനത്തിൻ്റെ അംഗമാകും ജ്ഞാനത്തിൻ്റെ ജ്ഞാനംഗമാണ് കർമ്മം അതുപോലെ സന്യാസം ജ്ഞാനത്തിൻ്റെ അംഗമാകുന്നു അല്ല ശ്രവണാധിദ്വാര സന്യാസം ശ്രവണാധിദ്വാര ജ്ഞാനത്തിന്റെ അംഗമാകുന്നു പിന്നെ മുക്തി അവസാനം അതെന്തായാലും ഉണ്ടല്ലോ അപ്പൊ ഇത് ഈ കാര്യത്തെ കുറിച്ച് വിവരണാചാര്യൻ വിവരണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലൂടെ സമർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ആത്യന്തികമായ മുക്തിക്ക് സന്യാസം കൂടിയായി തീരുന്നു എന്നാണ് വിവരണാചാര്യൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ജനകാദികളും കൂടി സന്യസിച്ചത് അത് പിന്നെ എന്ത് ഏത് തരത്തിലുള്ള മുക്തി അതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യം അതുകൊണ്ട് ആ സങ്കല്പക്കെടുപ്പ് യാജ്ഞവൽക്കരണം അദ്ദേഹം പറഞ്ഞ് മാറിപ്പോയി യാജ്ഞവൽക്കരണം പോലെയുള്ളവർ എല്ലാവരും അങ്ങനെ സന്യാസി സ്വീകരിച്ചതാണ് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അത് ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം കാരണം മുമ്പൊരിക്ക ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു സന്യാസം വേണം ഞാനാർക്കും സന്യാസമൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെയുള്ള പണികളൊന്നും നമുക്ക് പറ്റിയല്ലെന്നും നേരത്തെ മനസ്സിലായി അപ്പോ ഇതൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ കാര്യത്തിനൊന്നും നമ്മൾ ഇടപെടത്തില്ല പറയും ആരോപിക്കുക അത് ഞാനീ വാചോടിക്കുന്നത് എന്തിൻ്റെ ബലത്തിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു തവണ എനിക്ക് സന്യാസ പദ്ധതി ശരിയായ രീതിയിൽ പരിശോധിച്ച് എന്നെ പറയാൻ പറ്റൂ കാരണം അത് നിലവിലുണ്ട് പക്ഷേ കുറച്ച് വലുതാണ് അപ്പം അത് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും ഒരുപാട് മന്ത്രങ്ങളും അത് ഇത് അപ്പം അതിനൊന്ന് പരിശോധിച്ച് തയ്യാറാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടു പണം അപ്പം ഇതൊന്ന് മനസ്സിൽ ഞാൻ അത് ചർച്ച ചെയ്യും ചെയ്തു ഒന്ന് ഒന്ന് ചിന്തിക്കേണ്ടി അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റുന്നത് അല്ലാതെ ഈ പ്രക്രിയകളിലൂടെയൊന്നും ശരിക്കും കടന്നുപോയിട്ടല്ല അപ്പോ അതുകൊണ്ടത് അങ്ങനെ ചർച്ച ചെയ്ത് ആവശ്യമുള്ളത് എടുക്കുകയും ആവശ്യമില്ലാത്ത കളിയൊക്കെ ചെയ്തപ്പോൾ എനിക്കത് കുറച്ചൊരു മനസ്സിൽ പതിഞ്ഞു അതുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത് ഞാൻ വടക്കേൻ്റെ ഇങ്ങനെ വന്ന് ശിവഗേരിയിൽ അവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്ന സമയം അന്ന് അവിടെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു വളരെ രസികനായൊരു ബ്രഹ്മചാരി പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം ആളിപ്പോൾ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് പറഞ്ഞുതരാം പ്രസാദ് നമ്മുടെ ഡോക്ടർ സ്വാമിക്കൊക്കെ അറിയാം നമ്മൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മരുന്നിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി ഒന്നാണ് അങ്ങനെ ഇപ്പം ആൾ ജീവിച്ചിരിക്കില്ല അയാൾ എൻ്റെ അടുത്തു പറഞ്ഞു ഞാൻ വന്ന ഉടനെയാണ് എനിക്കൊന്ന് സന്യസിക്കും എങ്ങനെയോ ജനകന്റെ കാര്യം കൊണ്ടു എൻ്റെ പോയി ഞാൻ ചോദിച്ചിപ്പോൾ എന്തിനാ സന്യസിക്കുന്നത് പുള്ളി പറഞ്ഞത് ഒന്ന് അടിച്ചു പൊളിക്കണം വാസ്തത്തി എനിക്കൊന്നും മനസ്സിലായില്ല കാരണം ഞാനീ കേരളം വിട്ട് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ മലയാളികൾ കുറേ പുതിയ പദങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കാൻ വേറെ അടിക്കാനോ മറ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ വാക്ക് കേൾക്കുന്നപ്പോഴാണ് ഞാൻ എന്താണ് എനിക്ക് മനസ്സിലായില്ലാന്നത് അമ്പ ഞാനിവിടെ ഒരുപാട് വാതിലുകൾ മുട്ടിയതാ ഒരു സന്യാസത്തിന് വേണ്ടി അഞ്ചാറ് വർഷം ആറു വർഷത്തോളമായി സന്യാസം ഇവിടെ കൊടുക്കുന്നുണ്ട് അതും ശരി എന്താണ് ഈ പറഞ്ഞിരിക്കുമ്പോൾ എന്താ ഇപ്പം അങ്ങനെ ഒരാവശ്യം വന്നതെന്ന് മനസ്സിലാവും പറഞ്ഞു സംഗതി ആറു വർഷമായി ഇവിടെ ഒരുപാട് സേവനവും ചെയ്യുന്നു ഇവിടെ ബ്രഹ്മവിദ്യ പഠിക്കുന്നുണ്ട് പക്ഷേ ആറു വർഷവും കഞ്ഞിയും പയറുമാണ് ഒരു വ്യത്യാസം ആ സമയത്തെ സ്വാമിമാർ കാണെങ്കിൽ വൈകുന്നേരം നെയ്യ് ചേർത്ത ചപ്പാത്തി ഇത് അനീതി അസമത്വമാണ് എന്തായാലും ഇത് മാറ്റാൻ പറ്റില്ല അപ്പം ഞാനങ്ങ് സന്യാസി ആയിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുവല്ലോ തുറന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം ഇതൊരു മൊത്തത്തിലുള്ള ഒരു അനീതിയാണല്ലോ പിന്നെ പരിഹാരമായിട്ട് കുറച്ച് പേരും കൂടെ ഉണ്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് നമുക്ക് എല്ലാവർക്കും സന്യാസം കൊടുപ്പിക്കാം അത് ഞാൻ മഠാധിപരിയോട് സംസാരിച്ചു നോക്കാം നിങ്ങളൊക്കെ ആറേഴ് വർഷമായില്ലേ അയ്യോ അത് വേണ്ട ഒരു കാരണവശാലും വേണ്ട ഞാൻ എന്താ യവന്മാർക്ക് എല്ലാം കൂടെ സന്യാസം കൊടുത്താൽ മൊത്തം കഞ്ഞിയും പേറും ആയിക്കോ മനസ്സിലായ ആള് രസിക്കനാണെന്നുള്ള കാര്യം എന്തായാലും ആളിനെ സന്യസിക്കാനൊന്നും പറ്റില്ല എന്നിപ്പോൾ മരിച്ചുപോയി അതുപോലെ എന്നുവെച്ചാൽ സന്യാസം എന്തിനു വേണ്ടി എന്നുള്ളത് സന്യസിക്കാൻ പോകുന്നവനും സന്യസിച്ചവനും എല്ലാം അറിഞ്ഞിരിക്കണം ഈ സമ്പ്രദായത്തിന് അങ്ങനെയാണ് നാമ സമ്പ്രദായത്തിന് ജ്ഞാനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് സന്യസിക്കുന്നത് അപ്പൊ അങ്ങനെ സങ്കല്പം ചെയ്ത് വീണ്ടും പ്രാർത്ഥിച്ച് ആചമനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് വരുന്ന ചടങ്ങാണ് സാവിത്രീപ്രവേശം ഗായത്രി അത് രണ്ടും ഒന്നു ഗായത്രി പ്രവേശം എന്ന് പറഞ്ഞാലും സാവിത്രീ പ്രവേശം എന്ന് പറഞ്ഞാലും ഒന്നേ അത് മന്ത്രം ചെല്ലുമ്പോൾ സാവിത്രീം എന്നാണ് പറയുന്നത് ഗായത്രിയും തന്നെ അതായത് ഈ സന്യസിക്കാൻ പോകുന്നവൻ ബ്രഹ്മചാരിയാണ് അപ്പോ ഒരാൾ ഗുരുകുലത്ത് ചെല്ലുമ്പോൾ പഴയകാലത്ത് ഇന്നത്തെ രീതിയല്ല അയാൾക്ക് ഓഫീസ് ആന ഇറങ്ങിപ്പോകും അവിടെ അപ്പോ അയാൾക്ക് ഉപനയനം ചെയ്യുമ്പം ഗായത്രിയാണ് ഉപദേശിക്കുന്നത് അപ്പൊ ബ്രഹ്മചാരി ബ്രഹ്മചാരിയായിരിക്കുന്നിടത്തോളം കാലം സന്യാസി സന്യാസത്തെ സ്വീകരിക്കുന്നത് വരെ ഗായത്രി ചൊല്ലണമെന്നാണ് അത് സന്ധ്യയുടെ ഭാഗമാണ് ഗായത്രി അതാണ് പഴയകാലത്തെ രീതി ഇനി സന്യാസി ആയിക്കഴിഞ്ഞാലോ സന്യാസിക്ക് അവസാനം ഹംസഗായത്രി ഉപദേശിക്കും പിന്നെ ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല എന്നാണ് ഒരു ധാരണ അതിൻ്റെ ആവശ്യമില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ സാവിത്രി പ്രവേശം എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്യുന്നത് അത് സാവിത്രി പ്രവേശം എന്ന് പറഞ്ഞാൽ ഈ മഹാവ്യാഹൃതികൾ ഏതൊക്കെയാണ് അത് തന്നെ ഓം ഭോ ഭ സ്വഭാവ ഈ മഹാവ്യാഹൃതികളെന്ന് പറയുന്നത് സാമാന്യ പറഞ്ഞാൽ അത് ത്രിലോകത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്നുവെച്ചാൽ സർവലോകത്തിൻ്റെയും ലോകം മൂന്നേ ഉള്ളൂ എന്നൊക്കെ ചോദി എന്നാൽ പതിനാല് ലോകം എന്ന് വെച്ചു സർവലോകത്തിൻ്റെയും പ്രതീകമാണ് ഇപ്പം സന്യാസി സ്വീകരിക്കുന്ന ആള് താൻ ഇതുവരെ ഉപാസിച്ചു ഈ ഗായത്രിയെ മൂന്ന് ലോകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നു കാരണം ഇനി അത് ജവിക്കാൻ കിട്ടത്തില്ലല്ലോ ഹംസഗായത്രിയാണ് ജവിക്കുന്നത് അപ്പൊ ചിലർക്ക് തോന്നുന്നു എന്താണ് ഹംസഗായത്രി എന്നുള്ള കാര്യം അതറിയണമെന്നുണ്ടെങ്കിൽ സാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൈലാസാശ്രമത്തിൽ പോയി സന്യാസീകരിച്ചുവന്നൊരു സ്വാമിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുക അതൊക്കെ ഉപദേശിച്ചു തരും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പരിപാടിയൊന്നുമില്ല അപ്പൊ അഹംസദായത്തിലാണ് പിന്നെ സന്യാസി പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്വസ്വ സമ്പ്രദായ അനുസാരണോ അതുകൊണ്ട് നിങ്ങളൊന്നും കമ്പയർ ചെയ്യാൻ പോവരുത് കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ് ആ ഏത് നമ്മൾ സമ്പ്രദായം പറയുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് ഓം ഭൂ സാവിത്രീം നിവിശാമി ത സവിതുർവരേണ്യം ഓം ഭുവവിത്രീം നിവിശാമി ഭർഗോദ്ധീവസ്യ ധീമഹി ഓം സ്വഹ സാവിത്രീം നിവിശാമി ധിയോ യോ പ്രചോദയോ എന്ന് പറഞ്ഞ് പിന്നെ അവസാനം എല്ലാം കൂടെ ചേർത്തു ഓം ഭൂസ്വഹ സാവിത്രീം നിവിശാമി ബാക്കി അത് പിന്നെ അതിൽ തത് എന്നാണല്ലോ തുടങ്ങുന്നത് പിന്നെ അതിലൊരു ഓമുണ്ട് അതുകൊണ്ട് ആ ഓമിന് വേണ്ടി പിന്നെ രണ്ടാമത് പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് അല്ല ഭൂഹു സാവിത്രീം പ്രണവേ നിവേശയാമി എന്നാണ് അവിടെ അല്പം മാറ്റിയാൽ ഓം സ്വ സാവിത്രീം പ്രണവേ നിവേശയാമി ഇങ്ങനെ ഴിയുമ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ വളരെ ഏകാഗ്രം മനസ്സോടുകൂടി ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ തന്നെ ശിഷ്യനടുത്ത് ഹംസഗായത്രി ഉപദേശം സ്വീകരിക്കുന്നതിന് പ്രാപ്തനാണ് അപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നു പിന്നെ അവിടെ പ്രാണായാമം ഗംഗയിൽ ജലാഹൂതി പറഞ്ഞല്ലോ സന്യാസിക്ക് പിന്നെ അവിടെ എന്താണ് നുമ്പുചെയ്ത വിരജ ഹോമാഗ്നിയിൽ അഗ്നി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സമ്പ്രദായം അനുസരിച്ച് പിന്നെ ഒരു അഗ്നിയിലും ഹവിസ് അർപ്പിക്കാൻ പാടില്ല പിന്നെ ഉള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറയും പിന്നെ ജലാഹൂതിയാണ് ജലത്തിൽ അഹുതിയെ സമർപ്പിക്കുന്നു അപ്പോ വീണ്ടും കുറച്ച് മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അടുത്ത് മുമ്പ് ചെയ്തതുപോലെ തന്നെ ആ സന്യാസ പ്രതിജ്ഞ ഒന്നുകൂടെ പൊതുക്കെയാണ് പുത്രേഷനായാസ്റ്റിത്തേഷ്വനായാസ്റ്റ ലോകേഷണായാശ വിധ്യുദോഹം സന്യാസം കരോമി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് സന്യാസം ഇപ്പം ഈ സമ്പ്രദായം അനുസരിച്ച് സന്യാസദീക്ഷ നമ്മൾ സാറിന് ധരിച്ചിരിക്കുന്ന പോലെ തന്നെ ഗുരുവിൽ നിന്ന് കാവ്യവസ്ത്രമാങ്ങനെ അല്ല ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം വാങ്ങുന്നതും അല്ല പിന്നെ എന്താണ് പ്രേഷ മന്ത്ര ഉച്ചാരണമാണ് സന്യാസം ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറയാനുള്ളത് ഈ സന്യാസം എന്ന് പറയുന്ന കൊടുക്കുന്നതും വാങ്ങുന്നതുമല്ല അപ്പം നിങ്ങൾ എന്തർത്ഥത്തിൽ ധരിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് തത്വദൃഷ്ടിയിൽ സന്യാസമെന്ന് പറയുന്നത് എന്താണ് സന്യാസം എന്ന് പറയുന്നത് കേട്ടില്ല ഞാനും സന്യാസ രക്ഷണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതായിക്കോട്ടെ ഇവിടെ ഈ ദീക്ഷയിൽ സന്യാസം എന്ന് പറയുന്ന ഒരാൾ പ്രേക്ഷ മന്ത്രം ഉച്ചരിക്കുന്ന ആ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ ഈ സന്യാസ വിരജാഘവമും മുതൽ അവിടെ ഗ്രഹസ്ഥനും ബ്രഹ്മയായിരിക്കും പ്രവേശനം യജ്ഞശാലയിൽ മറ്റാർക്കും പ്രവേശിക്കുന്നത് ഈ കൈലാസാശ്രമത്തിൽ വിരജാവുമ്പോൾ നടത്തുന്ന ഗോശാലയിലാണ് കാരണം അത് കുറച്ചുകൂടി പവിത്രം ആണെന്നുള്ള സങ്കല്പത്തിലാണ് മറ്റു ചിലടത്തൊക്കെ യജ്ഞശാലയിൽ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇവിടെ ഈ ഗംഗാതീരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗുരു കൂടിയുണ്ടാവും ആ ഗുരുവിനെ പറയുന്നത് പ്രേക്ഷോച്ചാരകൻ എന്നാണ് ഈ വടക്കേന്ത് ഹിന്ദിയിൽ ആ ഗുരുവിനെ ചാച്ചാ ഗുരു എന്ന് പറയും എന്ന് പറയും എന്താ ഹിന്ദിയിൽ ചാച്ചാ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ അതെ അതൊരു ഗുരുവാണ് പക്ഷേ വിരയാഹോമം നടത്തിയ ആള് തന്നെയാണ് മുഖ്യമായ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന പ്രേഷോച്ചാരണം ഒഴിക ഈ പ്രേഷ ഉച്ചാരണത്തിന് വേണ്ടി മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത് ച്ചാ തൊരുവ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സന്യാസം എന്ന് പറയുന്നത് ഇയാൾ സ്വയം പ്രഖ്യാപിക്കുകയാണ് അത് ആരും കൊടുക്കുന്നു വാങ്ങുന്നു അല്ല ഞാൻ എന്താണ് സന്യസിച്ചിരിക്കുന്നു എന്ന് സന്യാസി ദൃഢമായി സങ്കല്പിക്കുന്നത് ഒരാളിൽ സന്യാസം ഇല്ല ഈ പറയുന്ന ആചാരങ്ങളെല്ലാം തന്നെ അതിന്റെ പിന്നെല്ലാം ദൃഢമായ സങ്കല്പങ്ങളാണ് അത് ഗുരുവിനും ശിഷ്യനും ഒരുപോലെ ഇനി ശിഷ്യന് ഇത് സങ്കല്പിക്കുന്നതിനുള്ള ശേഷി ഇല്ലെങ്കിൽ ഇതേ മൂക്ക് പിഴിയുന്നവരൊക്കെ കാണുമല്ലോ അപ്പോൾ അതിന് കൂടെ വേണ്ടി ഗുരു സങ്കല്പിക്കുകയാണ് ദൃഢമായി എന്നിട്ട് ശരിയാകാത്ത കേസുകളും ഉണ്ട് അത് ഗണവസാനം പൊടിയൊക്കെ തട്ടിപ്പോകുന്നു പക്ഷേ എന്നാലും ഈ ഗുരുക്കന്മാർ ആചാര്യന്മാരവിടെ പരമാവധി ശ്രമിക്കും തൻ്റെ സങ്കല്പശക്തി കൊണ്ട് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് ഒരാൾ സ്വയം പ്രഖ്യാപിക്കുന്നതാണ് അതിതാണ് ഓം ഭൂഹു സന്യസ്തമ്മയ ഓം ഭുവ സന്യസ്തംമ ഓം സ്വഹ സന്യസ്തം മയാ ഇത് മന്ദം മധ്യം തീവ്രം മൂന്ന് സ്വരത്തിൽ അല്ലെങ്കിൽ അധമം മധ്യമം ഉത്തമം ഈ മൂന്ന് സ്വരത്തിൽ സന്യാസി സ്വീകരിക്കുന്നയാൾ ചൊല്ലണം അതെങ്ങനെ ഊർധബാഹുവായി കൈരണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഉദങ്മുഖനായി കിഴക്കോട്ട് നോക്കി ഇയാൾ ഉച്ചത്തിൽ മൂന്ന് തവണ ചൊല്ലുന്നു ആദ്യം വളരെ പതുക്കെ പിന്നെ കുറച്ചുകൂടി ശബ്ദമുയർത്തി പിന്നെ കുറച്ചുകൂടി ഉയർത്തി അപ്പൊ ഈ സന്യാസ ദീക്ഷ എന്ന് പറയുന്ന ചടങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗുരുവിനു ശിഷ്യനും തമ്മിൽ ഒരുപാട് ഇടപാടുകളുണ്ട് പക്ഷെ സന്യാസം എന്ന് പറയുന്നത് പ്രേഷോച്ചാരണമാണ് അതാണ് സന്യാസം അത് മിക്കവാറും എല്ലാ സമ്പ്രദായങ്ങളിലും അങ്ങനെ തന്നെ ഈ ദ്വൈതികളുടെ സമ്പ്രദായം അപ്പോൾ അവരും പറയുന്നത് അവരും പ്രേക്ഷ ഉച്ചാരണം ചെയ്യുകയാണ് സന്യാസ്തമായ എന്ന് വിളിച്ചു പറഞ്ഞ് സ്വയം സന്യാസത്തെ കാരണം ഇതൊക്കെ അവനവൻ്റെ മനസ്സിൽ വരണ്ടേ സന്യാസം എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് ഇ സ്വാമി എന്ന് പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനത്രയും കേമന്മാരായ സിദ്ധപുരുഷന്മാരൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യം അപ്പം സന്യാസം പ്രതീക്ഷ കൊടുക്കുക വാങ്ങുക അതൊക്കെ സാധാരണ സന്യാസിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ യഥാശക്തി എന്നെ പറയാൻ പറ്റും അപ്പോൾ അവിടെ ശിഷ്യന് ഒരു വലിയ റോളുണ്ട് അത് എങ്ങനെയായാലും ശരി ഈ പരമഹംസ സന്യാസി സമ്പ്രദായമനുസരിച്ച് സന്യാസം എന്ന് പറയുന്നത് ഇയാൾ പ്രേഷ ഉച്ചാരണമാണത് ഉച്ചരിക്കുന്നതോടുകൂടി അയാൾ അയാൾ സന്യാസിയാകുകയാണ് അതുകൊണ്ട് പിന്നെ തുടർന്ന് അയാൾ ഗുരുവിനോട് പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ സന്യസ്തം എന്നുള്ള ശബ്ദമാണ് പിന്നീട് ഉപയോഗിക്കുന്നത് സർവേഷണ സന്യസ്തോഹം എന്നിവയാണ് പിന്നീടുള്ള പ്രാർത്ഥനകളിലും പിന്നീടുള്ള പ്രതിജ്ഞയിലും എല്ലാം പറയുന്നത് അത് അതിനുശേഷം ഞാൻ സന്യസ്ഥനാണ് എന്നാണ് അവിടെ പ്രത്യേകിച്ച് ഗുരുവിനെ ഇതിനിടയ്ക്ക് ഒന്നും ചെയ്യുന്നുമില്ല അപ്പോൾ ഈ പറയുന്ന എന്താണ് പ്രേഷ ഉച്ചാരകനായ ഗുരു പ്രേഷ എന്ന് പ്രീഷ എന്ന് രണ്ടു തരത്തിൽ പറയാറുണ്ട് പ്രൈഷ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയാം എങ്ങനെയാണ് കിടക്കി കിഴക്കി പരീക്ഷണം കൂടെ വേണമല്ലോ ആരെങ്കിലും ഉണ്ടോ പ്രദൂഹോഷു ഓർമ്മയുണ്ടോ പ്രേഷ അതുകോട്ടെ എന്റെ മനസ്സിൽ ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെയുണ്ട് പ്രേഷ അപ്പോ ഈ പ്രേഷ ഉച്ചാരണം ഇതെല്ലാം നാഭി പര്യന്തം ജലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം അതോടെ ഓർക്കണം ഗംഗയിൽ ഈ പാവസ്വാമിയുടെ ചോദിച്ചാൽ അവിടെ നിന്ന് വരച്ച് വരച്ച് വരച്ച് എങ്ങനെങ്കിലും അവിടുത്തെ പുറത്തിട്ടാ മതി എന്നും പറഞ്ഞ് ജീവൻ കൈപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് കാരണം നമ്മളിവിടെ തീ കൊടല് കൊണ്ടെടുക്കുമെങ്കിൽ അവിടെ ഗംഗാജലം എടുക്കാൻ കുടല് വേണം അത്ര തണുപ്പാണ് പ്രത്യേകിച്ച് ശിവരാത്രി ശിവരാത്രി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വിന്റാണ് നല്ല ജനുവരി ഫെബ്രുവരി മാസം അപ്പോ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറെ സമയം വേണം അതുകൊണ്ട് അവിടെ അത് ഇരുപത് മിനിറ്റാക്കി ചുരുക്കി ഈ ചടങ്ങുകൾ ഇല്ലെങ്കിൽ പലരും വെടിയായിട്ടൊക്കെ ഉണ്ട് ഇതിൽ തന്നെ കംപ്ലീറ്റ് അത്ര തണുപ്പാണ് അവിടെ അവസാനം പറച്ചു അപ്പോൾ കണ്ണം കുറച്ച് കാരണം ഇത്രയും തണുപ്പില്ലാത്തതെന്ന് ഇത് ചെയ്യുമ്പോൾ ഈ പ്രേക്ഷ മന്ത്രമൊക്കെ ഉച്ചരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തീർന്നു കിട്ടിയാൽ മതി തീർന്നു കിട്ടിയാൽ മതി എന്നായിരിക്കും അപ്പൊ ഈ ദൃഢമായ സങ്കല്പവും അചഞ്ചല മനസ്സും നിങ്ങളുടെ കരച്ചതുപോലെ ആയിരിക്കും അതും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല അത് എനിക്ക് തോന്നില്ല അത് ശരിയാകുമെന്ന് അല്ലെങ്കിൽ അത്രയും മനക്കരുത്തുള്ളതെന്നായിരിക്കണം അങ്ങനെയുള്ളവരല്ലോ സാധാരണ പാവപ്പെട്ട മനുഷ്യരല്ലേ സന്യാസം ഈ പ്രേക്ഷ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യങ്ങളോ ഈ പ്രേഷ മന്ത്രം ഉച്ചരിക്കുന്നതാണല്ലോ സന്യാസം പ്രേഷമന്ത്രം അന്ധൻ പങ്കു ബദിരൻ ദരിദ്രൻ ദീനൻ ആർക്ക് വേണമെങ്കിലും ഇത് ഉപദേശിച്ചു ഒരു സന്യാസിക്ക് സ്വയം പ്രേഷം വിചരിച്ച ഒരാൾ അതുകൊണ്ടാണ് ഈ ആതുര സന്യാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് മൂകൻ ഉപദേശ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ പറയുന്നത് ഇപ്പൊ ഒരാള് ഇത് വടക്കേന്ത് ഉള്ള ഒരു പരിപാടിയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു അന്ത്യ ഉദാശ ഉള്ളതുപോലെ ഏതെങ്കിലും ഭക്തൻ മരണം പ്രതീക്ഷിച്ചു കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു സന്യാസിക്ക് പോയി ഈ പ്രേഷ മന്ത്രം ഉച്ചരിച്ചു കൊടുക്കാം അയാൾക്ക് കഴിയുമെങ്കിൽ ആ മന്ത്രത്തെ ഏറ്റുച്ചരിക്കാം ഇല്ലെങ്കിൽ അയാളുടെ മനസ്സിലത് കേട്ടു അയാളുടെ മനസ്സിൽ പ്രേഷ മന്ത്രത്തെ കേട്ടു എന്നായാലും മതി ഈ അവസാന ചക്രശ്വാസം വലിയ ചിലപ്പം നാക്കന്നും പൊങ്ങത്തില്ല യാൾ കേൾക്കുകയാണെങ്കിൽ കേട്ടാലും മതി എന്താ എൻ്റെ പ്രയോജനം ഈ പ്രേഷ്യ മന്ത്ര ഉച്ചാരണം കൊണ്ട് മാത്രം ഒരാൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാ ഇതുമാത്രം വേറെ ഒരു പരിപാടിയും വേണ്ട പ്രേഷ മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അയാള് ബ്രഹ്മലോകത്തിലെത്തിച്ചേരും എന്ന് പറയുന്നത് കൊണ്ടാണ് അതൊരു വിശ്വാസ സിദ്ധാന്തമാണ് കൃത്യമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കരുത് ഇത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരും അതിനപ്പുറം അതിന് ഗ്യാരണ്ടിയും തരാൻ എനിക്ക് പറ്റും പക്ഷെ അതുകൊണ്ടാണ് എന്തായാലും സന്യാസി ബ്രഹ്മലോകത്തിലെത്തോ സ്മൃതികളിലൊക്കെ പറയുന്നു ഒരു സന്യാസി സദാചാരിയായാലും എന്നീ ദുരാചാരി ആയിപ്പോയാലും സന്യാസി കണ്ട രാജാവ് ഉൾപ്പെടെയുള്ളവരെഴുന്നേക്കണമെന്നാണ് നമസ്കരിക്കുകയും ചെയ്യും പഴയ നിയമം അനുസരിച്ച് ദണ്ഡനീതി അനുസരിച്ച് രാജാവിന് സന്യാസിയെ ശിക്ഷിക്കാൻ അവകാശമുണ്ട് പണ്ട് സന്യാസിമാർ ഈ സ്മർത്ത സന്യാസിമാർ പക്ഷെ എഴുന്നേറ്റ് ഇരുന്നേ ഓർഡർ ഉണ്ടാവും ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ വോട്ടെടുമ്പോലെ അത് പാടില്ല അങ്ങനെ നിയമിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സന്യാസി ആദരിക്കണമെന്ന് തോന്നി ഈ മന്ത്രം ഉച്ചരിക്കുന്ന ഒരുവന് ബ്രഹ്മലോക പ്രാപ്തിയാണ് അപ്പോൾ സാധാരണ ഈ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് ബഹുമാനം കാണുമല്ലോ അതുപോലെ സന്യാസി ബ്രഹ്മലോകത്തിൽ അതുവരെ ഇല്ലാത്ത ബഹുമാനം ഇപ്പോഴല്ല ഇപ്പൊ പോയെന്ന് കേട്ട് കഴിഞ്ഞാൽ പോയേ കൊറോണ ആയതുകൊണ്ട് ഇപ്പം ഒരു ഏതെല്ലാം പോയി പണ്ട് ഇപ്പൊ വിദേശത്തുനിന്ന് വന്നോണെന്ന് പറഞ്ഞാൽ ഓടും അപ്പോ പണ്ട് എങ്ങനെയായിരുന്നില്ല അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് വലിയൊരു റെസ്പെക്റ്റ് നാട്ടിലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ ബ്രഹ്മലോകത്തിലേക്ക് പോകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പ്രേക്ഷാമന്ത്രം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ഇനി നിങ്ങളാരും പ്രേക്ഷാമന്ത്രം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ ഒരു ചെറിയ വെട്ടുവീഴ്ച ചെയ്യുക എവിടെയെങ്കിലും ആരും കായലിന്റെ തീരത്തോ കടലിന്റെ തീരത്തോ എവിടെയെങ്കിലും പോയെന്ന് ഒരു മൂന്നു തവണ ഉച്ചരിക്കുക പോകുന്നെങ്കിൽ പോട്ടെ ബ്രഹ്മലോകത്ത് എന്താണ് ഇവിടെ കടന്നിങ്ങനെ അലയുന്നതെന്നും തല്ലത് ബ്രഹ്മലോകത്ത് പോകുന്നതാണല്ലോ എന്തായാലും വഴി ഞാൻ പറഞ്ഞിരുന്നു ഇനി ചെയ്യേണ്ടത് നിങ്ങളറി ഏ എങ്ങനെ ഏത് ഇപ്പൊ ഈ പറഞ്ഞ ചാച്ചാ ഗുരുവല്ലേ അങ്കിൾ ഗുരു ഞാനെല്ലാ റോഡിലും ഉണ്ട് എന്തായാലും ഒരാള് പറഞ്ഞിരുന്നല്ലോ ആരോ ആയിക്കൊള്ളട്ടെ തൽക്കാലം അങ്കിളായടത്തോളൂ കാര്യം നടന്നാ പോര് നിങ്ങൾക്ക് ഇപ്പൊ ബരമരോകത്ത് പോയാൽ പോരേ പിന്നെ വളരെ പറ അപ്പം തിന്നാ പോരെ കുഴിയണ്ണോ സംഗതി ഇപ്പൊ മനസ്സിലായല്ലോ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഒരു ദൃഢമായ ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ നമ്മൾ കാണാം ഇത് എത്ര പേർക്ക് ഇതിനെ പലരും ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ച് വലിയ ഗമിയിൽ വടക്കേന്ത്യെന്നൊക്കെ വരുന്നവരെ കാണും കാരണം ഒരു ബ്രഹ്മരോഗത്തിലേക്ക് വിസയ്യൻസിയൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ കണ്ട അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മളെ ഒന്നും ഒരു മൈൻഡ് ചെയ്യത്തില്ല കണ്ടു കഴിഞ്ഞു നമ്മള് അങ്ങനെയുണ്ട് വടക്കേന്ത്യെന്നൊക്കെ വരുന്ന സന്യാസികൾ നമ്മൾ നമസ്തേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകത്തേ ഉള്ളൂ അവർ തിരിച്ചുള്ളൂ ഒന്നും പറയത്തുകൂടിയില്ല കാരണം ഈ ഉറപ്പാണ് അവർക്ക് ആ ഉറപ്പിനെ സമ്മതിക്കണം അവരുടെ ആ അസ്ഥിക്യബുദ്ധി അതെന്താണ് സമ്മതിക്കണം അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താ നമ്മളോട് ബഹുമാനം ഇല്ലാത്ത കൊണ്ടാണെന്ന് വിചാരിക്കും അങ്ങനെ എന്താ അവരുടെ ആ ഉറപ്പാണ് നമ്മൾ ബ്രഹ്മലോകത്ത് പോകാൻ പോകുന്നത് എവന്മാരൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നു പിന്നെ നമ്മളെന്തിന അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഞാൻ കുറിച്ച് തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും തണുപ്പായി ഉറക്കം വരുമല്ല ആണെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആഗ്രഹസന്യാസം രോഗികൾക്ക് നിങ്ങൾക്ക് ഇനി ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇനിയിപ്പം മഠാധിപന്മാരായൊക്കെ പോയതല്ലേ അപ്പം അവിടേക്ക് ചെന്ന് ഇതൊന്ന് ചെറുതായിട്ട് ഷൈൻ ചെയ്യാൻ ഇതൊക്കെ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ഈ ആതുരന്മാർക്കൊക്കെ ഇതൊക്കെ ഒരു ചാൻസാണ് ദക്ഷിണയൊക്കെ കിട്ടും അന്ത്യകൂതാശ് ഇതൊക്കെ പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്യാനുള്ള ധൈര്യമാണ് ഞങ്ങൾ ബ്രഹ്മലോകത്ത് പോകും അപ്പോ ഇത് അപ്പോ ആണ് സന്യാസിയായി ഇവിടെ പരിപാടി കൊടുക്കും അപ്പോ പിന്നെ ഈ ഗുരുത്വം ഒരാള് നമ്മൾ പറയുന്നുണ്ട് സന്യാസ ദീക്ഷ വസ്ത്രവും മറ്റും കൊടുക്കും അത് അത് ദീക്ഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതങ്ങനെ പറയാൻ കാരണം ഒന്ന് ബ്രഹ്മതത്വോപദേശം പിന്നെ താരക്രഹ്മോപദേശം പിന്നെ മഹാവാക്യോപദേശം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആളിനെ ദീക്ഷാഗുരു എന്ന് പറയുന്നത് ഇതാണ് ദീക്ഷ ജ്ഞാന ദീക്ഷയാണ് ഈ സമ്പ്രദായത്തിൽ മുഖ്യമായി വരുന്നത് ജ്ഞാനദീക്ഷയാണ് ഇത് മൂന്നും തത്വജ്ഞാനത്തെയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അതിന് ആ തത്വജ്ഞാനത്തിൽ അതിന് ശരിക്കുള്ള പ്രാപ്തിയില്ലാത്തവന് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് താരകബ്രഹ്മോപദേശം കൂടെ അത് ഞാൻ വിശദീകരിക്കാം ഇതിലങ്ങനെ സീക്രട്ടുകളൊന്നുമില്ല ഉണ്ടെന്നൊക്കെയാണ് പലരും പറയുന്നത് നമുക്ക് മനസ്സിലാവുമെങ്കിൽ പിന്നെ ഇത് പറയുന്നതിനുണ്ടോ സീക്രട്ടൊന്നും അത് അങ്ങനെ കൂടിയുണ്ട് ഈ വടക്കേന്ത്യയിലൊക്കെ ഈ സന്യാസ പദ്ധതിയെന്ന് അവരാര്ക്കും പറഞ്ഞു കൊടുക്കത്തില്ല ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കൂ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളത്തിലാണ് മറക്കരുത് അരയ്ക്കൊപ്പം വരച്ച് പറിച്ചു നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ടടുത്ത് ശിഖയും യജ്ഞോപവീതവും ഹരേ ജലത്തിൽ ജലാഹൂതി ചെയ്യുന്നു എന്ന് ഹരിസ്മരണയോടുകൂടി ഇതിനങ്ങോട്ട് അർപ്പിക്കുന്ന ചടങ്ങാണ് അപ്പോൾ സന്യാസം അതുകൊണ്ടാണ് പൂർത്തിയാകുന്നു അപ്പം അതിലാദ്യം പറിക്കണം അത് സാധിക്കുമെന്ന് വിചാരിക്കും സപ്ത അഷ്ടവാദി കൂടാൻ പാടില്ല തലേദിവസം ം ചെയ്യുമ്പം ശിരസിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് മുടിയെ നിർത്താവും കാരണം ഇത് പറിച്ചെടുക്കണെങ്കിൽ ഇവിടുത്തെ ഈ തൊലി കൂടി ഇങ്ങനെ കുറഞ്ഞു പോരും കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞൊന്നും ഇരിക്കത്തില്ല പിന്നെ ഇങ്ങി വന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് കളയേണ്ടി വരും അതുകൊണ്ട് ഈ സപ്ത അഷ്ടവ എന്ന് പറയുന്ന കണക്ക് പണ്ട് പറഞ്ഞിരിക്കുകയാണ് അതിലൽപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാൻ പാടില്ല അതിനെ കൈകൊണ്ട് പൊറിച്ചെടുത്ത് യജ്ഞോപീതവുമായി ഗംഗാജലമെടുത്താൻ ആദ്രീകൃത്യ നനച്ച് ഇതുവരെ താൻ തൻ്റെ എല്ലാ ഉപാസനയ്ക്കും സാക്ഷിയായി കൊണ്ടു കടന്നാണ് ഈ രണ്ട് സാധനങ്ങൾ ഇതില്ലാതെ സന്ധ്യ നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യുന്നു അവിടെ അർപ്പിക്കുന്നു അത് തോയാഹൂതി എന്നാണ് പറയുന്നത് ജലത്തിൽ ജലത്തിലേക്ക് അത് അപ്സു അപഹുത്വ എന്നാണ് പറയുന്നത് ജലത്തിൽ ജലത്തെ ഭാവിസായി അർപ്പിച്ചത് ജലത്തെ എന്ന് പറയുന്നത് എന്താണ് യാഹൂദിയും കയ്യിൽ ഗംഗാജലം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും ജലത്തിൽ ജലത്തെയാണ് അർപ്പിക്കുന്നത് അതർപ്പിക്കുന്നത് അങ്ങനെ അർപ്പിച്ചതിന് ശേഷം പിന്നെ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവിനോട് പ്രാർത്ഥിക്കുകയെന്ന് വെച്ചാൽ ഗുരുവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതാണ് അവിടുത്തെ പ്രത്യേകത ഗുരുവിനെ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ടല്ല ഗുരുവിനെ സന്യസ്ഥം മേ ജഗന്നാഥ ഇങ്ങനെയൊക്കെയുള്ള കുറേ മന്ത്രങ്ങളുണ്ട് ജഗന്നാഥാന്ന് വിളിക്കുന്ന ഗുരുവിനെയാണ് അല്ല സ്വാമി സ്വാമിജിന്നും വിളിച്ചിട്ടല്ല പ്രാർത്ഥിക്കുന്നു നാരായണൻ ആയി കണ്ടുകൊണ്ട് തന്നെ ഗുരുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത് രണ്ടും പോയല്ലോ ജലത്തിൽ നിന്ന് അയാള് കറിയിലേക്ക് കയറുന്നു അപ്പോൾ വസ്ത്രം ഉപേക്ഷിക്കുന്നു അങ്ങനെ കരയിലേക്ക് കയറി വരുമ്പോൾ എന്നുവെച്ചാൽ അയാൾ പൂർണ്ണമായും സന്യസ്ഥനായി ഇനിയൊന്നും തൻ്റെതായൊന്നുമില്ല പറഞ്ഞല്ലോ നേരത്തെ തുടക്കത്തിൽ തന്നെ ശരീരത്തെ ശവമായി ധ്യാനിച്ചിരിക്കുകയാണ് അപ്പൊ ആ ദൃഢമായ പിന്നെ തന്റെ ശരീരത്തിൽ ഒന്നുമില്ല എല്ലാം പോയി വിരജാഹോമം നടന്നപ്പോ തൻ്റെ അന്ധക്കരണങ്ങളും മാനസ് ബാക്കിയുള്ള എല്ലാ ഇടപാടിനെ അഗ്നിയിൽ സമർപ്പിച്ചു അപ്പോൾ അയാൾ കുണു സന്യസ്തനായി അപ്പോൾ പൂർണ്ണമായും അങ്ങനെ ഒരു ഭാവത്തിലാണ് അയാള് കരയ്ക്ക് കയറി വരുന്നത് അപ്പോൾ ഈ ചാച്ചാ ഗുരുവടുത്തെന്ന് പറയും അങ്ങോട്ട് സപ്തപാദാനി ഏഴ് പാദങ്ങൾ ഉത്തരദിശയിലേക്ക് ബാക്കി എല്ലാ സന്യാസിയുടെ ചടങ്ങുകളും കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇതുമാത്രം അയാളവിടെ വടക്കോട്ട് പോകുമ്പോൾ പോകുമ്പോൾ പിന്നെ അദ്ദേഹം തന്നെ തിരിച്ചു വിളിക്കുന്നു തിരിച്ചു വിളിച്ച് ഗുരുവിൻ്റെ മുമ്പെ കൊണ്ടു നിൽക്കുന്നു ഗുരുവിൻ്റെ മുമ്പ് കൊണ്ട് ശിഷ്യനെ നിർത്തുമ്പോൾ ശിഷ്യനോട് ലോകപാലകന്മാരെ നമിക്കാൻ ആവശ്യപ്പെടുന്നു ഇന്ദ്രായ നമ വരുണായ നമ യമായ നമ നൈരത്തൈ നമ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കുറേയുണ്ട് അനന്തായ നമഹ ഇങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ ഇയാളോട് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു ഇയാൾ കൊണ്ട് ചൊല്ലിക്കുന്നു ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ ജാതരൂപധരനായി ദിഗംബരനായാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ശിഷ്യൻ കാണുമ്പോൾ എന്താണോ ഭസ്മാങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കിതനായി സർവസംഘ പരിത്യാഗിയായി നിൽക്കുന്ന രുദ്രനായിട്ടാണ് ആ സമയത്ത് ഗുരു ശിഷ്യനെ കാണുന്നു കാരണം വൈരാഗ്യമൂർത്തിയായിരിക്കുന്ന ആരാണോ ശിവനാണോ ചുടലവാസി ആണല്ലോ വൈരാഗ്യത്തിന്റെ അടയാളം അങ്ങനെ കാണുന്നതുകൊണ്ട് ഗുരു ആ സമയത്ത് തന്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഇത്രയും പ്രതീക്ഷിച്ചല്ലേ അല്ലേ രുദ്രരൂപിയായിരിക്കുന്ന വൈരാഗ്യമൂർത്തിയായിരിക്കുന്ന ശിഷ്യനെ ഗുരു പ്രണമിക്കുന്നു അത് ഈ സന്യാസ പദ്ധതിയിലല്ല ഉള്ളതാണ് ഇവിടെ മാത്രമല്ല ഈ സന്യാസ പദ്ധതി പൂർത്തിയാകുന്നത് വരെ ഗുരു ശിഷ്യനെ മൂന്നവണ നമസ്കരിക്കുന്നു ഒരു തവണയല്ല അപ്പോൾ ചിലർക്കെ സംശയം തോന്നും ഗുരു ശിഷ്യനെ നമസ്കരിക്കുക അത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കുന്ന മനസ്സിലാക്കും ഗുരു അങ്ങനെ ശിഷ്യനെ നമസ്കരിക്കും ഗുരു ശിഷ്യനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ശിഷ്യന് താൻ ഗുരുവാണെന്ന് തോന്നിപ്പോയാളോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ പാഴ്ബുദ്ധിയിൽ വരും ഇത് പാഴ്ബുദ്ധിയല്ല സന്യാസ ദീക്ഷാ പദ്ധതിയാണ് അതുകൊണ്ട് നമ്മുടെ ഈ കുരുട്ട ബുദ്ധി വെച്ച് അതിനെക്കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കണ്ട അത് ആ സമയത്ത് ഗുരുവും അങ്ങനെ വളരെ ഉദാത്തമായൊരു സങ്കല്പത്തിനും ഭാവനയിലുമായിരിക്കുന്നു ശിഷ്യനും അതിന് ഒട്ടും കുറവില്ലാതിരിക്കുകയാണ് അപ്പോൾ ഗുരു ശിഷ്യന് രുദ്രനായി കണ്ട് നമസ്കരിക്കുക എന്ന് പറയുമ്പോ നമ്മളീ ഗുരുത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഗുരുത്വം വന്നു കഴിഞ്ഞാൽ അതിൽ അഹന്തയെ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് ഇരിക്കുന്നതായിരിക്കും ഗുരുത്വം എന്ന് പറയുന്നത് ഒരു അഹന്തയായിരിക്കും കുറച്ച് വീർത്തിരിക്കും ചെറിയ തൂവൽ സ്പർശം ഏറ്റാമതി നമ്മൾ പൊട്ടിത്തെറിക്കും ആഹോ നീ എന്നെ ബഹുമാനിച്ചല്ലേ നമസ്കരിച്ചല്ലേ ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ വരും അപ്പം അതല്ല ഗുരുത്വം എന്ന് പറയുന്നത് ഗുരുത്വം മഹത്വമുള്ളതാണ് അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയും വിലകില്ല അല്പബുദ്ധി കൊണ്ട് അതിനെ കുറിച്ചൊന്നും വിലയിരുത്താൻ ശ്രമിക്കരുത് വളരെ മഹത്തമമായ കാരണം സന്യാസം എന്ന് പറയുന്നത് എന്താണ് ഒരു സന്യാസ പദ്ധതി എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായ ഒരു ആചാരം ഒരു ജീവനെ അങ്ങേറ്റം ശുദ്ധീകരിക്കും ഇതിനപ്പുറം അവന് ഇനി സ്വയം ശുദ്ധീകരിക്കാനോ അവനെ ശുദ്ധീകരിക്കാനോ ആർക്കും ഒരു അവസരം കിട്ടത്തില്ല സന്യാസത്തിനപ്പുറം അത് ചതുർത്ഥാശ്രമമാണ് അപ്പോൾ ഗുരു ശ്രമിക്കുന്നത് അവിടെ വെച്ച് അവൻ അങ്ങ് പരമാവധിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം പിന്നെ ഈ മനുഷ്യജീവിതത്തിൽ അവനെവിടെ എത്തിക്കും മനുഷ്യജീവിതത്തിൽ മനുഷ്യനെ സന്യാസാശ്രമത്തിൽ അപ്പുറം ഒരിടത്തും ആർക്കും എത്തിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ മരിച്ചിട്ട് പിന്നെ എവിടെ പോണം ഗൾഫിൽ അല്ലാതെ മനുഷ്യജീവിതത്തിൽ സാധ്യമല്ല ഒരാൾക്ക് പരമാവധി എത്തിക്കാമെന്നുള്ള ഈ സന്യാസാശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുന്ന ഗുരു എന്ന് പറയുന്ന അവിടെ അഹന്തയുടെ പ്രശ്നമൊന്നുമില്ല അപ്പോ അത് ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ആചാരം എന്നുള്ളതിനുപരി വളരെ ദൃഢമായ അചഞ്ചലമായ ഒരു സങ്കല്പവും ഒരു ഭാവനയും കൂടെയാണത് ബാഹ്യമായി ചെയ്യുന്ന ഒരു കർമ്മം മാത്രമല്ല അത് ഗുരുവിന് ശിക്ഷം നമുക്ക് ഇവിടെ വരുമ്പോൾ അവിടെ ഗുരുവിനു ശിക്ഷിക്കുന്നുള്ള ഭേദം പോലും ഇല്ല വരെ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ശിഷ്യന് ഗുരു തിരിച്ചു നമസ്കരിക്കുന്നു അവിടെ ഒരു ഭേദമില്ല അപ്പോൾ ഇങ്ങനെ ഇതാണ് പദ്ധതി പക്ഷെ ഈ ഒരു ഭാഗം മിക്കവാറും സന്യാസ ദീക്ഷ കൊടുക്കുന്ന കാര്യം ചെയ്യാറില്ല ഒരു ശിഷ്യൻ നമസ്കരിക്കാറില്ല പൊതുവെ കൈലാസാശ്രമത്തിൽ നമസ്കരിച്ചോ ഉറങ്ങോ ഒന്ന് ഉണർത്തി ചോദിച്ചേ ഇല്ലേ ആ പൊതുവെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞത് അപ്പോൾ പൊതുവെ ശിഷ്യന്മാരെക്കാളും ഗുരുവിനെത്തി വെയിറ്റ് കൂടുതലാണല്ലോ അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് പദ്ധതിയിലുള്ളതാണ് മൂന്ന് തവണ നമസ്കരിക്കണമെന്നുള്ളത് ഒരു തവണ പോലും ഒരിടത്തും നമസ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വളരെ പണ്ഡിതനായ ഒരു സന്യാസിക്ക് ഈ സന്യാസ പദ്ധതി തയ്യാറാക്കി കൊടുത്ത് ഒരു സന്യാസ ദീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വയം അങ്ങനെ എൻ്റെ തയ്യാറാക്കി കൊടുത്തുണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് എന്നാലും എന്നോടുകൂടെ ഒന്ന് ചോദിച്ചു ഒരു മര്യാദ ഞാൻ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതെങ്ങ് വെട്ടിക്കള എന്ന് പറഞ്ഞ് ഓ ഈ ചുംഭന്മാരെയൊക്കെ നമസ്കരിക്കാം ഞാൻ ഒട്ടിക്കളഞ്ഞു പക്ഷെ അതല്ല അവര് ഓരോരുത്തരുടെ ഇഷ്ടം നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു അപ്പൊ ഇങ്ങനെ ജാതരൂപധരനായ ശിഷ്യൻ ദിഗംബരനായി ഗുരുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നാൽ തൽക്കാലം അവിടെ നിക്കട്ടെ ബാക്കി നാളെ